ാലൊക്കെ പ്രത്യേകായിരത്തോളം വന്നല്ല അഞ്ഞൂറകാലത്തിൽ പറയുന്നത് വനസ്നാലദിനി അല്ലതേ ജോഹരീശം ബാഹു ഭീമാ ബാധന അമേല ഇനി നമുക്ക് ശേഷം വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഇനി എന്തെല്ലാം ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് പറയാൻ കഴിയൂലാണ് നമ്മളെ കാലം കഴിഞ്ഞാൽ ഇനി നമ്മളെ കാലം കഴിഞ്ഞാൽ എന്തെല്ലാം വരും നമുക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നാണ് പറഞ്ഞത് അന്നെല്ലാം വന്നിട്ട് ഇനി വില ബാക്കിയുള്ളതും ഏത് രീതിയിലുള്ള വിലക്കും ബാക്കി ഇതിന്റെ മേലെല്ലാം മുഖം കുത്തിപ്പെടാനുള്ള പ്രേരകമായ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു വന്നത് വനവുമാലത്തിനു അർബാബിന്റെ അയിമ്മ ഇനി വെക്ക ഇപ്പൊ അക്കാലത്തുള്ള നേതാക്കന്മാർ ഷാഫിയായ കൊണ്ടാണല്ലോ ഇനിയൊരു കാലത്ത് എന്തായെന്നറിയോ ഇമാമിന്റെ കൂടെയുള്ള ഖിലാഫിലേക്ക് അർബാബുദുഞ്ഞ ഷാജി നോക്കാം അങ്ങനെ ഇവർ തനിക്ക് ചെയ്യാമെന്ന് വയ്ക്കുന്നു അവൻ ആശ്രമികൾ ഇൽമിന്റെ വേറെന്തെങ്കിലും ചാകയിലേക്ക് ചാഞ്ഞാലും മാരുമാൻ ഓർക്കൊപ്പിൽ കുറഞ്ഞാകേണ്ടി വരും വനം നിസ്കുരുമാനിമുദ്ദീൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓർ ഇല്ലത്ത് പറയുന്ന എന്താണ് ഇൽമുദ്ദീൻ കൊണ്ടാണെന്ന് നമ്മൾ ചോദായിരുന്നു നമ്മൾ ദീനന്റെ ഈ മാതം ഉറപ്പിക്കുന്നു കൊച്ചാറിഞ്ഞാൽ സിഹലിനെ കൊണ്ടാകില്ലാറുണ്ടെങ്കിൽ ആ സിഹിരാഗിയത് കാലത്ത് എടുത്ത മതി എന്താ പറയുക എന്താണെന്ന് ആണുപതി എന്താ ലക്ഷ്യം ശിവ തക്കുറബിലാ റബ്ലിൽ ആണു മീനക്കുള്ള തക്കറുബല്ലാത്ത ബുദ്ധിമില്ലാന്ന് എന്താണ് ഈ അടിപൊളി ഞങ്ങൾക്ക് യാത്ര അസഹമാർഗത്തടി അവളുടെ അസഹാറുക പണിയിൽ ഞമ്മൾ ന്യായീകരിക്കുന്നത് കൊണ്ടുറാൻ തിരിച്ചത് പറ്റില്ല മുഷാദവിന്റെ ഓറാറ്റ് വിളിച്ചറിഞ്ഞ മോഡല്ല ഞാൻ ചെറുതെന്ന് സഹാബത്ത് ഈജാദി ന്യായീകരിക്കാൻ പോകുന്നത് എല്ലാ സഹാബത്ത് ചെയ്ത മോഡല്ല നമ്മൾ ചെയ്തെന്നാ പറയാം ومقاولات السلف أدوال صرف صالحنا مقاولات السلف والدعوة في ريوك المرد من الملح الم أن هؤلاء قد يرتدرجون الناس إلى ذلك إذن لئيل الشتريك جننغلاً دات مللك بك وزشتري جننغلاً عاظت بك يعني بأن عرضنا من المنامرات المباهثة عن الحق يتضح ഹക്കൊന്ന് തെളിഞ്ഞു കിട്ടണം എന്നതിലേക്കുള്ള മുപാഷയാണ് ഇത് നമ്മുടെ ഈ മുനാ നറാത്ത കൊണ്ട് നമ്മുടെ ലക്ഷ്യം എന്നാണ് പറയുന്നത് അതല്ല എന്നിട്ട് മോദിക്കട്ടെ ബിരിയാണിയും പോക്കറ്റ് മണിയും കാള്ളോടനും ഒരു തൊഴിലുവാണോ തീരുമാനിക്കാം എന്തുകൊണ്ട് ഫൈനൽ ഹക്ക മുത്തുരൂപൻ ഹക്ക് മുത്തുരൂപല്ലേ ഹക്കുണ്ടാ വിട്ട് കളിക്കലാരെങ്കിലും അതെപ്പോരണ്ടേ ിൽമി അതുപോലെ ഇൽമിൽ ആലോചന ചെയ്യുന്ന വിഷയത്തിൽ പരസ്പരം സംഘടിച്ചതും വത്തവാറു ദീർഘമാത്രി ഓരോരുത്തരും മനസ്സിൽ വരുന്നത് പരസ്പരങ്ങളെ കൂട്ടിച്ചേർത്തിൽ എല്ലാവരും ആലോചിക്കുമ്പോൾ ഈ വിഷയത്തിലേക്ക് പറ്റൂലേ മുഖീരുമ്പോ മഹസ്ഥരും വളരെയധികം ഫലം ചെയ്യുന്നത് മഹസ്ഥരുമാണല്ലോ എന്ന് ആ കഥാകാരൻ ആദത്ത് സഹാബത്ത് റവിയന്നാഹു എന്ന് ആദത്തും വിപ്രകാരം തന്നെയായിരുന്നു ഇതൊക്കെ ന്യായീകരണങ്ങളാണ് എന്തിൽ ഈ മുഷാവറാതിഹീം അവരെ മുഷാബറയിൽ കാരണം അഹ് ജദ്ദി വലിഹമസി ജും വിഹ്മത്തും കൂടിയാൽ ഓരോരുത്തർ കിട്ടുന്നവരിങ്ങനെയാണ് അതെന്താക്കി ഓരോ മുഷാബ് നടത്തിയിട്ടുണ്ട് അതിന്റെ രസോച്ഛാസമുണ്ട് വഹദ്ദി സുഹബിൾ ഹംദി അതുപോലെ കണ്ടുപിടിക്കുന്നവന്റെ ഹദ് എന്താണ് തീരുമാനിക്കേണ്ടത് മുഷാബ് നടത്തിയിട്ടുണ്ട് ഇമാമിന്റെ മേലെന്തായി പഴച്ചുപോയിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കൽ ഊജുവുണ്ടോ ഇല്ലയോ ഇമാമിമാനത്തിന്റെ വിജയത്തിലുണ്ടാക്കി കഴിച്ചു കഴിച്ച വിജയത്തിൽ ഉണ്ടാക്കി ബാങ്കിൽ താമസികൾ വന്നു കഴിഞ്ഞാൽ ഇയാളെ നഷ്ടപരിഹാരം വെച്ച് കൊടുക്കണോ വേണ്ടയോ അതിന് കമാൻ മിൻ അമ്മയെന്നോ അവരുടെ പേടിച്ചിട്ട് ഒരു പെണ്ണുങ്ങൾ എന്താ മാത്രത്തെ ഇയാൾ വെച്ചുപോന്നു പറഞ്ഞു ആ ജനീന്റെ വേണ്ടി ഉമ്മർതി എന്തോ നഷ്ടപരിഹാരം കൊടുക്കണോ വേണ്ടയോ അവർ അങ്ങനെ പറയാനായിട്ടാ പറഞ്ഞു ിലും പലതും അങ്ങനെ നെക്ല ചെയ്യപ്പെട്ടിട്ടുണ്ട് അവക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെയാണ് ഓരോ ന്യായീകരണങ്ങൾ അതുകൊണ്ട് ആ മോഡലാണ് നമിപ്പം നടത്തി വരുന്നത് പക്ഷെ ഈ തൽബിറ്റ് എത്ര മാത്രമേ ഉണ്ട് എന്ന് നീ കവർത്തിക്കരുതല്ല നിന്നെ അറിയിച്ചു തരും മാ അത് കുറുഹു ഞാൻ ശേഷം പറയട്ടെ അന്നു പറയാൻ പറ്റുന്ന പറഞ്ഞത് എന്താ ബഹു അന്നാഹുൻ അനാ തലബിൻ ഹക്ക് ഹക്കിന്റെ തേടുന്ന വിഷയത്തിൽ സഹായിക്കില്ലെന്ന് ദീനിൽപ്പെട്ടാൽ ഞാൻ സമ്മതിച്ചു മിനദ്ദീൻ സമർപ്പിച്ചു പക്ഷെ വരാ ചിന്തവും ചെറുപത്തും വരാമസവും സമ്മാനം കുറെ ചേർത്ത് കൂടുണ്ട് എട്ട് അലാമത്തും കൂടെ കാരണം അന്നേരം പുറത്താണ് എട്ടലാമത്തിൽ എന്താ ഇവിടെ ഒത്തുകൂടി പറഞ്ഞോട്ടെ അല്ല അഖലോ ഒന്നാമത്തെ എത്ര തന്നതിയോ ആ അലാമത്ത് അല്ല എട്ടി ഇവൻ ഇതുകൊണ്ട് ചുവലാവാൻ ആയിക്കില്ല എത്തരത്തിൽ വന്നും ഈ പുറോതിൽക്ക് ഇപ്പാത്തി പെട്ടതാ സാധനത്തിന് ഇപ്പൊ പുറോതിൽക്ക് ഇപ്പാണ്ട് ചുവലാവാൻ ആയിക്കില്ല ആര് മല്ലം എത്ര പ്രകം ഈ പുറോതിലായാൽ പറന്ന് അയിനായ കാര്യങ്ങളൊക്കെ ആദ്യം തീർന്നതിന് ശേഷമല്ലാതെ തുടങ്ങാൻ തന്നെ വിശില്ല പുറന്നായി നിർത്തി വെച്ചിട്ടാണ് എന്താക്കും നീ പരിപാടി നിങ്ങൾ ചണ്ടകോടിക്കഴിഞ്ഞ് ഇന്ന് മകലിപ്പ് ഇഷാവും നാളെ വരാൻ വന്ന സ്വയം എത്ര പേരും ചിരിക്കുമെന്ന് വെച്ചാൽ എന്താ പറയാ അപ്പൊ പുറന്ന് പറഞ്ഞ ഒഴിവാകാത്ത കാലത്തോളം പുറത്ത് കിഫായിൽപ്പെട്ട ഇതുകൊണ്ട് ചൂരായി കൂടാം ഫർദ്ദി കിഫായ തന്നെ ഇതിനേക്കാളെ പ്രധാനമുള്ള ഫറുദി കിഫായ വേറെ ഉണ്ടെങ്കിൽ അതും കഴിച്ചിട്ടേ ചാനീന് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ പറയ ഏറ്റവും പ്രധാനപ്പെട്ട ഫറുദി കിഫായ അതിനുശേഷം അതിന്റെ ഗ്രേഡ് നോക്കിയിട്ട് കൊടുക്കണം അതാ വമൻ എന്നാലേ ഈ പറഞ്ഞു ആയിനിൻ പറയണമെങ്കിൽ ബാക്കിയുണ്ട് ഇന്മാർ അങ്ങനാലോ ഫസ്റ്റ് അങ്ങനെ ഈ കിഫായത്തിൻ ഫറുദ് കിഫായം ഉണ്ടാ ചോല അയിൻജീന്ന് പോയ എക്സാമു അവൻ ഉദ്ദേശിക്കുന്ന അന്ന മകത്തിതു ഹക്കു ഹക്കാണ് എന്റെ എന്റെ ലക്ഷ്യം എന്നാണ് പഹുവ ക അവനാ പേരും കല്ലെന്നൊന്നാണ് എന്തിനാണോ നിയോജിച്ചുകൊണ്ടാൽ ഹക്ക് കണ്ടെത്താൻ എന്റെ സ്വർണ്ണ ഇതിനായ ഉത്തരവാദിത്തം കഴിഞ്ഞ ഇല്ല എന്നാ പഹുവ കഥാബ് എന്നാണ് അതിന് ഉദാഹരണം പറയാം മിസാലഹുമായി എത്ര ഫീനഫ്സി അവന്റെ ഫീനസിന് എന്താസ്കാര ഒഴിവാക്കി വയസഞ്ചർത്തൊക്കെ ഈ തഹസീലി അതി മനസ്ജിഹ മറ്റൊരു ഹവണ്ടാക്കുന്ന വീട്ടിൽ വസ്ത്രം നെയ്ന പരിപാടിയില്ല ഓരോട് ചോദിക്കും അകുന്തിര വസ്ത്രം നിൽക്കിരിക്കുന്ന കൗറത്ത് മറക്കണമെങ്കിൽ വസ്ത്രയില്ല ഞാൻ പറ്റില്ലല്ലോ ആരെങ്കിലും വസ്ത്രം ഇല്ലാത്ത ആൾ കഴങ്ങിപ്പോയിരങ്കിൽ ഓന് നിൽക്കാനും ഏ അതിനുവേണ്ടി ഞാൻ നന്ദി നീ നിൽക്കില്ല ഇല്ല ഭയപ്പെട്ടാണേ ബജയങ്ങളാടി കുട്ടിന് പിടിക്കാൻ പോയി ഒമ്പത് നേരം കിട്ടിയതും ഒൻപത് താര നേരം കിട്ടിയതാണ് ഒരും പോയി അത്ര പോയി എല്ലാം പോയി മലങ്ങളാട്ടിൽ കുട്ടി പിടിക്കാൻ പോയി വസ്ത്രങ്ങൾ തഹസിലാക്കുക അത് നെയ്ണ്ടാക്കുക പോയ പോലെ പറയുന്ന വറവി അസ്തുറോ ഔറൻ അസ്തുറോ ഔറത്ത മഞ്ഞത്തിൽ വരാജി ഭഗവാൻ വസ്ത്രം കിട്ടാതെ കണ്ട് മഗതനായിട്ട് ആരെങ്കിലും അല്ലെങ്കിലോ അവనికి വേണ്ടി വസ്ത്രം ഞാൻ അയ്യാ ബോയാന്നാണ് കൊണ്ടുവെച്ചം. കരയിച്ചയാട് 15 കാലിക രൂപമോ ഏറ്റടുക്കും. ചില പംഗാനല്ല ഒട്ടു കൂടാലാ. കരയുന്ന വസ്ത്രം കിട്ടായിക്കി വസ്ത്രമില്ലെങ്കിൽ കണ്ടിയേ വരാല്ല. വഖുറുഹു mumkin. അസംഭവികര mumkin ആണ്. മഹല്ലൊന്നും നമ്മ പറയുന്നുilla. പക്ഷേ, കമാ യസ്അമുൽ ഫഖീഹു അഅഞ്ഞാന മുദർക്കിൻ ബാദിക്കുന്ന അന്ന വഖുഅ അന്ന വാദി ലത്തി അൻഹൽ ബഹത് ഫിൽ ഖിലാബ്. ഹിരാഗ്രിയായക്കാരൻ നാം ഭഷത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നാഥികളായ സംഭവങ്ങളുണ്ടല്ലോ അതും മുൻകിൻ ലോകത്തെപ്പിലും സംഭവിക്കാലോ അതിന് പഠിച്ചാൽ നമ്മൾ തന്നെ ഗവേഷണം നിർത്തിവെക്കുന്നു എന്ന് പറയാനൂല പിന്മുനാതറത്തി മുഹൂനടി ഒന്നൂറിൻ ഈ മുനാദ കൊണ്ട് ചുഗലാകുന്ന പല കാര്യങ്ങളെയും ഉപേക്ഷ വരുത്തിക്കളഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ ഊന്നാണ് ഹിയ പറന്നു ആയിൽ ഇസ്തിഫ ഒരാൾക്കും തർക്കമില്ലാത്ത വിധത്തിൽ പറന്നു അയനായ ഉത്തരവാദിത്തങ്ങൾ പലതും മുഹമ്മദ് ആസിഫ് സുസിരിക്കുകയാണ് ഒരാളത്തിൽ വധീയത്തിൽ വെച്ചിട്ടുണ്ട് മറ്റവനായിട്ട് സാധനം ചോദിക്കാൻ പറ്റി വന്നിട്ട് രണ്ടായിട്ട് സാധനം കാണാൻ എനിക്ക് പോകാനുണ്ട് എന്നുള്ള വന്ന് സാ കാ വാഹനമോ മിസലാസി നോക്ക ഇവനെന്താക്കി എന്നറിയോണീ ചെന്നിട്ട് മിക്കാരൻ കൊണ്ടു സഹസ്പത്തിൽ ഹെറാമ് കെട്ടി നിൽക്കാറുണ്ട് സാധനം അല്ലാതെ ഈ അക്രബുൽ കുറുബാതി ഇല്ലെന്നായിട്ട് അവൻ അള്ളാനെ കൊണ്ട് അടുക്കാനുള്ള കുറുബാധി ഇതിനേക്കാളും വലിയ സംഗതി ഇവർ ചെയ്യാനില്ലല്ല എന്നാലും അസാബി ഈ തകബീർഘട്ടിലോ കുറ്റക്കാരനല്ലേ സാധനം കുറ്റല്ലേ ഘട്ടത്തിൽ അപ്പൊ പലായക്തി മുഅൻ ഒരാള് താത്തിന്റെ ആളാണ് മുട്ടീ ആണ് എന്ന് പറയാൻ മതിയാവൂലേടിന്റെ ജിൻസിൽപ്പെട്ടതാവുക എന്നത് മാത്രം മതിയാവൂല നീ ചെയ്യാൻ പോകുന്ന കാര്യം സഹായത്തിന്റെ ജിൻസിൽപ്പെട്ടതാണ് എന്ന കാണും പറഞ്ഞു കൊണ്ടിട്ടുണ്ടാവില്ല അത് ചെയ്താലല്ല നീപ്പെട്ടവനാവില്ല എന്താ നോക്ക് കയറണം ഇപ്പൊ മാലം ജുറായി പിറൂട്ട വത്തർത്തി മതിരെ ചെയ്യേണ്ട വക്കത്ത് നോക്കാനുണ്ട് സുറൂത്ത് നോക്കാനുണ്ട് ഏത് ഞാദ്യം മുൻഗണന കൊടുക്കണം പരിഗണിക്കാതെ കണ്ടം താക്കിയെന്ന് ഞാൻ ചെയ്യുന്നത് താഴ്ത്തിപ്പെട്ടത് നിങ്ങൾ ഇന്നും ചെയ്താലും താഴത്താവുന്നില്ല നമുക്ക് ഫോർ അഴിഞ്ഞാടെ വെച്ചിട്ട് ഫോർ ഹിഫാറ്റ് ചൂരായ ചൂരാനാവില്ല ി രണ്ടാമത്തതോ അല്ലായിഫായത്തിന്റെ അഹമ്മ മിനൽ മുനാദത്തി ഇപ്പം നടത്തുന്ന മുനാദറിനാക്കാണ് അഹമ്മായ ഫർദിഫായ വേറെ ഉണ്ടോ നോക്കി ആരം കാരണം തിരിച്ചെടുക്കുന്നുണ്ടോ നോക്കിയെ അതല്ലിപ്പൊ ഇതിനകണം ഉണ്ടല്ലേ അതും പുറത്തു കിഫായ അല്ലേ മാഹു അഹമ്മു ഏ അഹമ്മ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഫുർദഗിഫായ വേറെ കാണുന്നുണ്ട് വസാന കൈറഹു മറ്റൊന്ന് ചെയ്യുകയും ചെയ്തു എന്നാലോഹി ആ ചെയ്യലുണ്ടാവും കുറ്റകൃത്യ ചെയ്യുന്ന താഴത്തല്ലോ അനൽഹരാ ഉദാഹരണം പറയാ ദാഹിച്ച അവശരായിരിക്കുന്ന ഒരു സംഘത്തിനെ കണ്ട് ഇവർ ഹരാക്കായി പോകും വകദഹമൊന്നാസ് അവരെക്കാർ മാറും നോക്കാതെ കണ്ട് ഉപേക്ഷിച്ചു കടന്നിട്ടുണ്ട് ും അവർക്ക് വെള്ളം കൊടുത്തിട്ടെന്താക്കണം ഒറ ഹയാക്കാൻ ഇവന് സാധിക്കും അല്ലെങ്കിലെ ഹയാത്താക്കൽ സ്നേഹം കൊടുത്തിട്ട് ഇവനെന്താക്കി എന്നറിയോ മുടികളിയാൻ പഠിക്കാനാകുമെന്ന് കൊമ്പൊപ്പിക്കാൻ പഠിക്കാനാവൂ എന്ന് ഇതിനാരെങ്കിലും തലക്ക് രോഗം ബാധിച്ചിട്ട് കൊമ്പൂപ്പിക്കാൻ ആളത്തിട്ടാണോ അല്ലെങ്കിലോ അവർക്ക് രോഗം അതിനാൽ കാണാൻ പ്രധാനപ്പെട്ട കാഴ്ച വെള്ളം കൊടുക്കണം ഇരിക്കാൻ പോകുന്നത് ആരാ വെള്ളം കൊടുക്കില്ല അതിനും േ അവിടുന്ന് അതിനെ തൊട്ട് നാട് കാലിയായി പോയെങ്കിൽ ഇത് ഹിജാമത്തിനെ തൊട്ടിട്ട് തനക്ക് രോഗം പിടിച്ചിട്ട് ജനങ്ങളല്ലോലെ അതുകൊണ്ട് ഓരോ ഇഷ്ടപ്പെടും എന്നാൽ അതിനേക്കാണ് ഹാനാക്കാന്ന് ദാഹിച്ചിട്ട് തൊണ്ടവെച്ചില്ലേ ഒരാൾക്ക് അടന്ത വെള്ളം കൊടുക്കാത്ത അല്ല ഉങ്കടനമുണ്ടോ വൈരാഖി ഓനോട് പറയപ്പെട്ട് ഹഡ്ജാമീന ഹഡ്ജാമീനങ്ങളായ ധാരാളം ആട് വേറെ ഇത്ര നീതെല്ലാം വിലക്കനണ്ട വസീഹും കുഞ്ഞത്തും അവരെ കൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം നിറക്കും എന്ന് പറഞ്ഞു പയപ്പോ അപ്പം പറയും ഹാദാൽ ആയുരി ഹാദൽഗിപ്പായത്തിൻ എന്നാലും പർവകിഫായ അല്ലാണ്ട് പോലല്ലോ വേറെയാള് പഠിച്ചു എന്ന് കാരണം പറഞ്ഞുകൊണ്ട് ചെയ്ത പണി പറഞ്ഞു ഇപ്പം എല്ലാം എടുക്കുമോ അതായത് പറഞ്ഞു മഞ്ഞ പ്രലുത ഇപ്രകാരം ചെയ്യുന്നതിന്റെ ഹാരിമിച്ച കാലത്തിൽ വാസിയത്തിൽ മുരിമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കായ മുസ്ലിമീനങ്ങളാകുന്ന ദാഹിച്ചവച്ചരായ ഈ ജമാണ്ടല്ലോ ഈ ജമാത്തിന്റെ സംഭവിച്ച ആ ദാഹമത അതിനെ പരിഗണിക്കാതെ കണ്ട് അതിന് ഹിമാലക്കി ഇതൊണ്ട് സോലായാലി ആരമിൽ മുനാമറ മുനാമറ സോലാ നോയ്ക്ക് പറ്റിയ ഉദാഹരണം തന്നെയാണ് എത്തരത്തിൽ ഇവിടെ നടത്തി വെക്കാനോ ഒറ്റ ആളുമില്ലാതെ കണ്ട് ചാടികളയപ്പെട്ടുണ്ട് പുറദ് കിഫായകൾ ഒരുപാട് പേർ നാട്ടിക്കിടക്കുന്നുണ്ട് അയാൾ തിരിഞ്ഞൊക്കെ ആരും ആളില്ല ഞാൻ തോന്നുന്നു വലിയ പുറം കിഫായ എന്ന പവയാണെങ്കിലോത് കാമ്യാജമാറ്റം വലിയ ചെമാറ്റന്ന് പോകുന്നുണ്ടല്ലോ ഇങ്ങനെ തന്നെ ഓണമില്ലല്ലേ വലായക്കതും പലതും വലച്ച നാടും ഹാനിയല്ല മിഞ്ചുംലത്തിൽ പുറൂതിൽ മുഹുമലത്തി അവഗണിക്കപ്പെട്ടവരെ പുറത്തിന്റെ ഒരുപാട് കൂട്ടങ്ങളുടെ നാട്ടിലെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് വലായൽ തപ്പത്തിൽഹ അതിലേക്കൊന്നും മുലക്കുമാറ ചെറുത്ത തിരിയിലില്ല വാക്കളുടെ മുഖത്തി അതിലെ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാ ഇപ്പോൾ ചികിത്സാശാസ്ത്രം അതിലേക്കൊന്നും ഇവിടെ ചന്തതിക്കില്ല നൈത്യപരിപാലനത്തിലേക്കോ അതിലേക്കൊന്നും ചന്തതിക്കില്ല ഇവിടെ ഭാവി ഒന്നും ഒരാഴ്ച മൊത്തം ഒന്ന് പോകുന്നില്ല നമ്മുടെ ഇതുപോലെ കാണുന്ന ഇതിൽ ആ യോജിത ഫീ അച്ചടൽ പെരാതെ അധിക നാടുകളിലും കിട്ടുന്നില്ല തബീബ് മുസ്ലിംമായ ഒരു വൈദ്യനത്ര കിട്ടുന്നില്ല എങ്ങനത്തെ ആള് യുദ്ദേഹാദി അലിബ് സബീബിന്റെ ഗൌരവം ഉണ്ടാക്കണം ആസ്വദിച്ചു എന്ന് ചെറു പറഞ്ഞിട്ടുണ്ടാവും തബീബാണ് ഇത് പറ്റി പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ കൊണ്ടാകുന്ന ഒരു മുസ്ലിമായ വേദന നമ്മളെവിടെയും കാണാനില്ല ആ നഷ്ടത്തിനൊണ്ട് മുസ്ലിംകളെ പരിഹരിച്ചില്ലെന്ന് അവർ ചോദിക്കും ശരന്റെ കാഴ്ചപ്പാടിൽ സബീപിന്റെ പോലാണ് അവിടെ സ്വീകാര്യം എന്ന് പറയുന്ന സാക്ഷിക്ക് പറ്റുന്ന ഒരറ്റം സബീബിൻ നാട്ടിക്കാണാനില്ല വലാജർ അഹദായി അതുകൊണ്ട് ഏർപ്പെടണം എന്ന ഒരറ്റം ഓരോ ആഗ്രഹം അത് ഒരു പറഞ്ഞിട്ട് നീ വായ കണ്ട വക്കാതെ നമുക്ക് മാഗോഫി വലിയ അനിൽമുങ്ക എന്നുള്ള ഒരിട അതും ബാക്കിയുണ്ടല്ല അതാണ് എവിടേം കാണാത്ത അതും ഫോജിഫായി പെട്ടതല്ലേ അതാ അടുപ്പിലാക്കാത്തത് ൂൻ മുനാറപ്പി മജുരിച്ച് മുനറപ്പി ഇവൻ മുനാ നിറക്കിയിരുന്ന മജുരീസിൽ തന്നെ ഉണ്ടാകും പാട്ട് പത്രം ധരിച്ചാണെങ്കിൽ കാണുന്നുണ്ട് അത് വിശ് ത്തിരിക്കുന്ന ആളെ കാണുന്നുണ്ട് പൊന്നിന്റെ മോലിട്ട ആളെ കാണുന്നുണ്ട് അവർ നോമ്പുറം ഉണ്ടെന്നില്ല അപ്പൊ ഈ അതും പുറത്ത് ഈ പറയണ്ടേ എന്റെ പുറത്ത് അയിൽ അല്ലേ അത് നിർത്തിവെച്ചുകൊണ്ട് മുനാദിറക്കൻ ഉണ്ടെങ്കിൽ ഞാൻ കരുതുന്നുണ്ട് മുഹമ്മദ് ഷാഖിന്റെ വയനാഥ് രീതി മസ്തല ചിന്തിച്ചോ ഓറരു മക്കൾ മസ്തീ മുനാഥ് നടത്തിയത് എങ്ങനത്തെ മക്കൾ നായത്തക്കും മുക്കൂഹ കത്താറ് ലോകത്ത് സംഭവിക്കുമെന്ന് അറിയില്ല അങ്ങനത്തെ സംഭവം വായും വക്കായത്ത് അഥവാ സംഭവിച്ചാലോ കാമവിരാജമാനൽ പൊക്കസാ പൊക്കഹാക്കൽപ്പെട്ട വാറ ആളുകളൊക്കെ നടത്തിപ്പോ വരുന്നുണ്ട് ഇവന്ത അർത്ഥമൊന്നുമില്ല ثم يجمع قلنا عندنا انه يريد ان يتطهر الى الله تعالى بالبرود الكفايات കൊണ്ട് الله عنده বিতಾನು এন্ড লেছন পৰমෝ লেছন দ আল্লাহ عنده বিতಾನು لقد رواه حدث الله رضي الله عنه قيل يا رسول الله متى يترك الامر يترك الامر بالمعروف والنهي عن المنكر امر بالمعروف والنهي عن المنكر وكী কারণে দমি এন্ড ওনা ഉപേക്ഷിക്കാവുന്നത് സകാലാനും നിങ്ങളെ നല്ല കാണുന്ന കൂട്ടാണെങ്കിലും ഉദാഹരണത്തിൽ വന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പറയൂല അവൻ ചെയ്യുന്നതിൽ ഇവൻ ചെയ്തോട്ട് മനസ്സിലാക്കി കാരണം ആ വെറുതെ ദിശം കളയേണ്ട അപ്പൊ അതീതും പറഞ്ഞു ആ ദിവസത്തിനാണ് ഇങ്ങോട്ട് അവർ ചെയ്തൊന്നും പറയേണ്ട അപ്പോഴേക്കോ ിക്കും നിങ്ങളെ കൂട്ടത്തിന്റെ സർവചാര ആളുകളിലോ പാഹിച്ച തങ്ങനെ വരക്കാനും തുടങ്ങി വത്തഹം വരൽ മുൻ തീ സിഹാരിക്കും നിങ്ങളിൽ നിന്ന് പ്രായം കുറഞ്ഞ ആളിലേക്കാണ് അധികാരങ്ങൾ നീങ്ങുന്നത് റച്ചും പൊട്ടുന്ന വിചാത്ത ഉള്ളതാന്ന് എന്ന് സെക്രട്ടറിയും പ്രസിഡന്റ് അല്ല എന്നാണ് തുടർക്കെന്തറിയും ചേക്കുമ്പോ തീ അറാതിരിക്കും നിങ്ങളിൽ നിന്ന് കൊള്ളുദാത്താകളെത്തിക്കും ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നന്മ ഉപദേശിക്കരുത് എന്ത് പിന്ന വി ചോദിക്കുക എന്തെങ്കിലും അതിനെട്ട് രണ്ട് ചേർത്താ പറഞ്ഞത് ഒന്ന് പറന്നായനും പറഞ്ഞിപ്പായും പറ്റാ പറന്നായനു വിടാൻ പറ്റൂല ഈ രണ്ട് പിറന്നേക്കിപ്പായ വന്നിട്ട് ഇതിനാൽക്കാണ് പ്രാധാന്യമുള്ളത് പഠിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞത് ഇനി മൂന്ന് അത്താരി അഞ്ഞക്കൂനൻ മുനാഗ് മോദിത്ത ഹിതാനി ഈ മുനാമ് നടക്കുന്ന ആളെ മോദിത്ത ഹിതാനിക്കും പറഞ്ഞത് ലേഖനം ബൈജിട്ട് ബൈജിറ്റ് കൊണ്ട് പറഞ്ഞാലും അതിന് വിട്ടൂല രംഗത്തെ മുഖ്യത്തെ അവന്റെ റയ്യ കൊണ്ട് അവന്റെ ഈ ഗവേഷണം കൊണ്ടുണ്ടാക്കണം പത്ത് കൊടുക്കാൻ കഴിയണം ലാമി മധുഹബി അഭിഹാനിപ്പ് നിർത്തി ഒന്നും പറഞ്ഞില്ല നോക്കി എറിയ വായിക്കാൻ വേണ്ടി ആളെ അതിനാൽ ഇപ്പൊ കുത്തി മുഖ്യത്തെ നിങ്ങൾ കീന്നു ആ പുതിയ പുതിയ ഇതിഹാസം ഉണ്ടല്ലോ കിന്നിട്ടുണ്ട് ാണ് ഹക്ക്പ്പെട്ടതെങ്കിൽ തറക്കമായിനോട് മുവാസി ഖാനിന് ഉപേക്ഷിക്കേണ്ടി വരും അവന് മനസ്സിലായതുകൊണ്ട് അതുകൊണ്ട് പൊതുങ്ങി കൊടുക്കേണ്ടി വരും ഇമത്തെ കപ്രകാരാ ചെയ്തത് ആള് അതാരാന്ന് കൊല്ലിയ അഹിലല്ല സർ കാല ശേഷം വരാൻ എല്ലാ കാലത്തും അത്യാണല്ലോ പറഞ്ഞ് സ്വീകരിച്ചില്ല അവനത്തൊട്ട് ചോദിക്കപ്പെടുന്ന കൊടുക്കലിൻ അവൻ അംഗീകരിച്ചവൻ സാഹിബുണ്ടല്ലോ ആ സഹിബിനെ മധുഹബിനോട് നെക്കൽ ചെയ്ത് കൊണ്ടെന്താക്കണം അത്തരം പിന്നെ ആ തർക്കത്തിന് വെച്ചില്ലല്ലാം ഷാഫി പറഞ്ഞത് കഴിഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാൽ നെട്ടതാണ് ഇന്നപ്പം തർക്കം അമ്മ കണ്ടോ അഭിമാവിനെ ഞാൻ ശ്രദ്ധിക്കണീ ഫലവും നഹരലഹെന്നുപ്പം മധുഹബി അവന്റെ കൊടുത്ത മധുഹബിനൊന്നു വെടിപൊടുപ്പെന്നറിയ എന്നാലും നിജുദ്രഹുവും അയ്യത്തുറൊക്കെ അത് ഉപേക്ഷിക്കലേ പറ്റൂല ഷാഫിമാൻ ഇങ്ങനെയാ പറഞ്ഞ പറഞ്ഞതൊക്കെ തന്നെ അതായിപ്പാണോ അതൊന്നും എനിക്ക് പറയാനെങ്കില ടയത് അപ്പൊ അങ്ങനെയാണെങ്കിൽ മുനാറക്കിറിയ പിന്നെ ഉള്ളത് ആ കണ്ട നഗരന്റെ എതിയുടെ വാക്യം കൊടുത്തത് ഇതാണ് എത്തിന് ഇങ്ങോട്ട് പറഞ്ഞു പിന്നെ മുനാദർക്ക് വെക്കില്ലല്ല ഒമ്പതൊന്നും പത്ത് ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നാളത്തിൽ അർഹത്തെ വെക്കില്ലല്ലോ അവിടെ ഇതിഹാദ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല എത്തരത്തിൽ ആരൂമുൻ അവരുടെ മതഹപ്പും ആഴുവമാണ് മറേത്തരഹുൽ പത്ത് പാതി ഹൈരിക്കി ആ മാഴുവുമായ മധപ്പല്ലാതെ കണ്ട് പത്തു കൊടുക്കാൻ പാടുില്ലെങ്കിൽ പിന്നെ അവിടെ മുനാദന്റെ വകുപ്പ് എന്താ ചോദിക്കും എന്നാൽ അമ്മാലേ ഇവൻ നിസ്കാലാത്തപ്പെട്ടാലോ എൻ സമൂഹം അയ്യക്കൂര അല്ല ഇന്ത് സാഹിബി മധുഹബി ജവാബൻ പറഞ്ഞു വേറെ നിസ്കാലാക്കുന്നു എന്നാണ് നമ്മുടെ മധുബിന്റെ സാഹിബിന്റെ ആരാണ് ഇമാമെ അവരുടെ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവുക ചെയ്യാൻ നാം മുസ്തക്കില്ലല്ലോ നിങ്ങൾ അല്ല ഞാനെന്തോ ആദ്യം പറഞ്ഞുകൊണ്ടു നാം പറയാൻ കഴിയുന്ന മറുപടി ഈ മധുബിന്റെ സാഹിബാന ഇമാമന്റെ ശാസ്ത്രി മധരൻ അവരുടെ അവർക്കെന്നുണ്ട് കൗലാനിയുണ്ട് ഇമാമിന്റെ നേള കൗലാമ്മ കൗലാനി എന്ന് പറയും അസഹാഭിമാണിത്ഹാഥാമ എന്ന് പറയുന്നത് ഈ എന്ന് പറയും അപ്പൊ വജുഹാനിയോ കൗലാനിയോ ഉള്ള ഒരു മസരിയാണെന്ന് വെക്കാം എന്നാൽ അക്കാന അത് വളരെ അശുഭായി എന്ന് വെച്ചാൽ പതിന്നഹൂർ ഉപ്പമായ യുക്തി അഹഭീമ ആ രണ്ടിൽപ്പെട്ട ഏതെങ്കിലും ഒന്നുകൊണ്ട് പുറത്തു കൊടുത്തു ൽ ബഹത്തിൻ ജാനിബയും അപ്പോ ഈ ബഹത്ത് കൊണ്ട് ഇവനുണ്ടാക്കും എന്നറിയോ ഇസ്തിഫാത ചെയ്തത് രണ്ടിൽ പെട്ട ഏതെങ്കിലും ഒന്നിനേക്കെന്താകും ചായലിലേക്കാണ് കിട്ടരുത് അത് ഈ കൗല തബ്ദാർക്ക് ഇപ്പോ ചർച്ചയിൽ നോക്കുമ്പോ ഇതിനെക്കാളും ഇതെല്ലേ മുന്തിരി കിട്ടുക വനായറ മുനാറാത്തു ജാലിയാത്തു എന്നാലും അവിടെ മുനാദറ നടക്കുന്നില്ലല്ലോ കുറെ ധർത്തി ധൈര്യത്തിൽ നോക്കുമ്പോൾ ഈ കൗലിനാക്കാണ് ഈ കൗലാണ് കത്തി ഇതിൽ നിന്നിപ്പുറത്തേക്ക് ചാടാമെന്നല്ലാണ്ട് അവിടെയും മുനാവിറക്ക് നോക്കില്ലല്ലോ ഒറ്റക്കൗലോ ഉണ്ടെങ്കിൽ മുനാമറ തിരികെ കടക്കൂല രണ്ടു കൗലോ രണ്ടു വധുമോ ഉള്ള മസ്ലെയാണെങ്കിൽ നിന്നുണ്ടാകും ഒന്ന് ധർദിയാക്കിയപ്പോൾ അതിനാക്കാൻ നല്ലതിലല്ലേ എന്നൊരു തോന്നലാകുണ്ടായിപ്പമാറക്കൽ മസ്തല തല്ലാ വധുനി കൗലാനി ചിലപ്പോണ്ടാവും അറിയോ രണ്ടു വധുമോ രണ്ട് കൗലോ ഉള്ള മസ്തൽ ഉപേക്ഷിച്ചിട്ട് ഓ സ്ഥലമോ മസ്തല തൻ യക്കൂറൽ തൻ സിനാഫ് പച്ച മുറിക്കപ്പെട്ട കല മസ്തലുണ്ടാവില്ല കത്തില്ലായാലും ആ മസ്തലിലേക്ക് ചാടേണ്ടി വരും അന പിന്നെ മുനാമൊട്ടുമില്ല രണ്ടു മുതലുള്ളതും പോയി രണ്ട് മുതലുള്ളതും പോയിട്ട് മസ്തല സിനാഫ് ധീരെ ഇല്ലാത്തൊരു ശക്തി കെട്ടു അവരെ കത്തിയാതെനിക്ക് വരല്ല അറാബിനു നാലാമത്തേതാൻ കരീപത്തിൽ പോയ ഹാലിബൻ ഒന്നിക്കൽ ഇപ്പം സംഭവിച്ച കാര്യത്തിനായിരിക്കണം ഒന്നിക്കൽ നടക്കുന്നത് അല്ലെങ്കിലും അടുത്തതന്നെ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് ഹാലിബിലും തിരിഞ്ഞെങ്കിലല്ലാണ്ട് സമയം കളഞ്ഞിന് അർത്ഥമില്ല ലോകത്തെപ്പോക്കാൻ പോകുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ അത് കർക്കടമാസം മഴയും മറ്റേ മേടമാസത്തിൽ മറ്റും കൊണ്ടുപിടിക്കണം സൈന്യസഹാബത്തെ ഹൃദയം മാഹുവിനും മാതശാമുറും ഇല്ലാതീമാൽവക്കായി വാക്യാസുകളിൽ പുതുതായി വരുന്ന വിഷയങ്ങളിലെല്ലാം മുസവ നടത്താറില്ല അല്ലെങ്കിൽ അതുമായ എഴുപുമൊക്കെ അല്ലെങ്കിൽ സംഭവിക്കാൻ അടുത്ത് തന്നെ സാധ്യതയുണ്ടെന്ന് കാണുന്നതിലേക്ക് കൽഫറായതുപോലെ കാരണം എപ്പോഴും ആൾ മരിച്ചാലും മരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത് തന്നെ മരിച്ചാൽ ഉണ്ടാവല്ലോ وَنَاظَرُ الْمُنَازِرِينَ يَدَّمُولُ بِانْتِقَادِ الْمَسَائِلِ الَّتِي تَعَمَّلُ الْمَنَابِعُ بِالْفَتْوَى فِيهَا كَذَا إِنَّ الْمُنَازِرِينَ لَمْ يَقُولُوا إِنَّ مَا مَرَغَ عَمَّايَ വറ മസ്അലണ്ട് ജനങ്ങളെ പതിവാണ് ഓരോ മസ്അലണ്ട് ആ മസ്അലില് ഇവർ കഴറ്റില്ല അതെ ഹിമാസ് الْمَسَائِلِ الَّتِي تَعَمَّلُ الْمَنَابِعُ بِالْفَتْوَى فِيهَا عَدِ الْفَتْوَى കൊണ്ടവർ രംഗത്തിൽ ഇട്ട് പോകുന്ന തുമോലിയാത്തന്റെ തീ ത്തൂ ചുമ്പാവും തുമോലിയാത്തെന്ന് ചെണ്ടമോടൽ എന്ന് പറയും ചെണ്ടമോടൽ നിന്ന് ഒറ്റ ഇങ്ങനെ കേൾക്കാം അതേമാതിരിങ്ങനെ പോലും പോലും എന്നിട്ട് ഓരോ മസാലകളിങ്ങനെ കേൾക്കും സംഭവിച്ചിട്ടുണ്ട് അതും ഉണ്ടാവില്ല അടുത്ത് നിങ്ങളുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് അതും അറിയില്ല ഈ തബോലി ആയ മസാല ഉണ്ടാവും എന്നിട്ടോ അതിനെന്താക്കും കേട്ടിട്ട് മൊജാലോളജത്തിലേക്ക് ആ കൈവ മാു കാര്യെങ്ങനെയും ആയിക്കോട്ടെ സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ റിയില്ല എന്നിരുന്നാലും അതിലങ്ങ് ജതലങ്ങ് തുടങ്ങി മാങ്ങാൻ പോകുന്ന പേരെ പാലുണ്ടാക്കണം ചർച്ച ചെയ്ത മതി ആയി നാളെ നേട്ടങ്ങൾ പറഞ്ഞില്ലേ ഒരു പെരക്കണ്ടോ ഭയങ്കര അടിയും മാപ്പൊടിയും പോണോ തമ്മിൽ അടിയാണ് നഷ്ടപ്പാൽ അപ്പി ചോദിച്ചുപോലെ എന്തിനാ അടിയും നമ്മളത് പശുവിന്റെ പാൽ പുള്ളിറക്കി കുടിക്കാൻ കൊടുക്കണോ പുറത്ത് കൊടുക്കണ്ട എല്ലാ പൈല പൈസ മുതലാകുന്നവരെ പുറത്ത് കുക്കണോന്ന് മറ്റോ അങ്ങോട്ട് എത്രക്കും ഈ പാറി വിട്ടു വെച്ചാൽ പറഞ്ഞാലും ഇപ്പൊ എത്രവനെ മാങ്ങാൻ പോകുന്നേ ഉള്ളൂ വാങ്ങിയിട്ടില്ല അതിനായിട്ട് പറഞ്ഞിട്ട് ഇനി വറുബമായ എടുക്കൂനമായ കെറു വെക്കു വെക്കുവായി ധാരാളമുള്ള മസാലകൾ അവർ ഉപേക്ഷിച്ച് പറഞ്ഞിട്ടുണ്ടാവും ജനങ്ങൾ എന്താകാൽ ഓരോ പാതാക്കുന്നുണ്ടാവും ഇവരുടെ മസാലയും പറയുന്നുണ്ടാവില്ല എനിക്ക് വയക്കോലോന എന്നിട്ട് പറ മസലത്തുൻ സബരിയത്തും അതൊക്കെ ഒരു മസാല അല്ലേ ഉം ഔഹിഞ്ഞമീന സവായ അതെല്ലാം മുട്ടിലും മൂലയിലുള്ള ഓരോ മസാല അല്ല അതിനൊക്കെ നമ്മക്ക് സമയം കളഞ്ഞാൽ തോ നമ്മളെ സമയം വില പിടിച്ചല്ലേ ഞാൻ ഒന്നാണോ ഒന്നാണെങ്കിൽ ഉണ്ടാകാമെന്ന സമ്പവസത്തിനൊക്കെ ഇപ്പം മസാല കണ്ടെത്താൻ പോകുന്നു വലയിച്ചിട്ട് ഇത് ഇതും തുലിയാത്തിപ്പട്ടൊന്നല്ലല്ലോ ഇരതിന അജപിപ്പെട്ടതല്ലേ ഇത് ഇമാമ പറയുന്നു ചക്തേടലാന്ന് എത്ര മസലകൾ തുമ്മ എത്ര കൂല ചില മസലകൾ ഉപേക്ഷിച്ച് അറിയുന്നതിനാ എന്നെ ഹബരിയെത്തന്നെ ഹബരിയായി പോയിന് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യാത്തത് ഇവിടെ നടക്കുന്നല്ലേ ഇതിന് അബരിയെന്നു പറഞ്ഞു ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അവിടെ നടന്ന സംഭവം എന്നും ചർച്ച ചെയ്യേണ്ട ാലിന്റെ അവസാനത്തെ പറ്റി ഓറ് ചർച്ച ചെയ്തിട്ട് ഉത്തരം കണ്ടെത്തിയിരുന്ന് പറയണമെങ്കിൽ മദുരക്കേനാർ മാത്രം അതിന് കൂടുതൽ ചർച്ച ചെയ്തിട്ടൊന്നും എടുക്കേണ്ടതില്ല അതാണ് ഒരു ന്യായം ആഹ് ചെന്നനുണ്ട് ആഹ ലൈസമിനുമ്പോൾ അത് തുകൂരിൽ പെടാത്തത് കൊണ്ട് പലതും സംവിധിയൽക്കലാം അമ്മ തന്നെ നമ്മൾ നീട്ടി പറയുന്നില്ല തുമോലിൽ പെടാത്തത് കൊണ്ട് തബോരിൽപ്പെട്ടത് എടുത്തൂടുന്ന ആരാരി എന്നാണിങ്ങനെ വലിയ കേട്ടുകൾ വണ്ടാവുന്നേ വിജയി വച്ചപ്പാടാന്ന മസ്തില്ലേ വൽമക്സൂടു പിന്നെ തിരൽക്കലാമ വിപുലായ തരൽ കുറവിലാൽ ഹക്കിലുള്ള മക്സൂട് എന്താണ് കലാമ ചുരുക്കുകയും വേഗം ലക്ഷ്യത്തിലേക്ക് എത്തുകയല്ലേ വേണ്ടി നെട്ടി പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് തൊമ്പൂലി ആ മസാല അല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് നിർത്തി കൊണ്ടുപോകുന്നില്ല ജനങ്ങൾക്ക് ആവശ്യമായ ഒറ്റപ്പെട്ട കുറേ മസാലയുണ്ട് ആ മസലിലൊരു ചർച്ചയുമില്ല ഇനി അഞ്ചാമത്തെ ഛർത്തം എന്താണ് അന്തക്കൂ അൽ ഫാമി അന്തക്കൂരൻ മുനാ നൃത്തത്തിൽ അൽവത്തി അഹബ ഇലി അൽവത്തിൽ വെച്ചുള്ള മുനാദയാണ് കൂടുതൽ പ്രിയങ്കരമാവേണ്ടത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതും എന്നതിനേക്കാൾ നിരൽ മഹാബിരി വലിയ വലിയ പബ്ലിക് യോഗം വെച്ചിട്ട് ചർച്ച ചെയ്തതിനകത്താണ് രഹസ്യമായ ഒരു വേദിയിൽ ചർച്ച ചെയ്തായിരുന്നു നല്ലത് അല്ലെങ്കിലോ ഇപ്പൊ മറ്റൊരു നാണങ്ങൾക്കിടയുടെ ആകെ ലഭ്യോ നാണങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങാടി തന്നെ തല്ലേ വബൈൽ അക്വാബിരി സുൽത്താൻമാരുടെയും നേതാക്കന്മാരുടെയിലാകുന്നതിനേക്കാളും എന്തുകൊണ്ട് പൈൻ നൽകൽവത്ത് അതിമങ്കിൽ ഫഹമി കാരണം മനസ്സിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൽവത്താണല്ലോ നല്ലത് വാഹതാബി സഫാൽക്കൽഹക് ഹക്ക് കണ്ടെത്താനും സിക്യുതലവോണം തെളിച്ച് ചെലവാക്കാനും ഉതകുന്നത് ഏതാണ് കൽവത്തിലാകുമ്പോ പക്ഷെ അതിന് സംഭവിക്കൂല പൊതു മനോഹരി കൊണ്ടേക്കണം എന്ന് റിയോ ഇന്റെ എല്ലാ പ്രേരണകളും ഇടക്കിമുടുന്ന കാര്യങ്ങളും ഉണ്ടാവും അന്നേരല്ല തോക്കലും ജയിക്കലും ജെയ്യടിയും ആ തോക്കൻ വെച്ചുമാണ് നേരം വിട്ടു ഹൽവറ്റ് വെച്ചാ വില്ല വയൂതി ഓരോ പാർട്ടിക്കാരും അവന്റെ നെഫ്സിനെ സഹായിക്കാൻ ആവശ്യമായ എന്താണോ അതുണ്ടാക്കി തീർക്കാൻ അവിടെ അത്യാവശ്യം അത് മുഹക്കം കാലോ മുത്തുകൻ പറയുന്നവന് മുഹിക്കോ മുഹത്തിലോ നോക്കൂല അവലപൻ ജയിക്കണം എന്നുള്ള വിജയത്തിലായിരിക്കും പിന്നാടെ മുന്തൂക്കുണ്ടായിരുന്നില്ല കാരണം ആൾക്കൂട്ടത്തിൽ നടത്താവാൻ പാടില്ല ആ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ അതിനെ കണ്ട് ന്യായീകരിക്കാനായിട്ട് നിൽക്കുക നമ്മുടെ പബ്ലിക്കില് വെക്കുന്നതാണ് ഇഷ്ടം അന്നേരത്താക്കും ജമ്മു വന്നാൽ വിചാരികലോടെ അടക്കി കൂടുകയും ഓരോരുത്തർ അവർ വർ വിചാരിക്കുന്ന ഹെപ്പോ ബാധികൾ നോക്കണ്ട അതിനെ ന്യായീകരിച്ചിട്ട് പറയുന്നതിന് മുന്നോണ്ടാൻ ആറ് ദിവസത്തൊന്നും ചെയ്യേണ്ട നിനക്കറിയാം മകൻ മഹാത്മീവൻ ഈ വലിയ വലിയ മഹത്തതകളും മജാഭിരികളും ഉണ്ടാവണം എന്ന് പറയുന്നത് ലൈറ്റമില്ലായിട്ടാ അന്താക്കേണ്ടിയുള്ളതല്ല നിനക്കറിയാം അന്നാക്കുവേണ്ടിയുടെ വ്യത്യസ്ത വാല്ലൽ വാഹിതമിന്നും ഇനി അക്കൂട്ടത്തിൽപ്പെട്ട ഓരോരുത്തരും സാഹിബി ഇവന്റെ ഈ സാഹിബ് പതാകം മുന്നാർന്നു നടത്താൻ പോകുന്ന മറ്റേ സാഹിബ് എതിരി വച്ചി എതിരി വച്ചതിന് കുറെ കാലം നടക്കുന്നുണ്ടാവും എന്നാലും ഓണിച്ചെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ കൂട്ടുകെട്ടിന്റെ കാലത്തൊക്കെ പറഞ്ഞുകൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ലോകത്തെ വന്നിട്ട് കൊച്ചപ്പാടാക്കിയതി പറഞ്ഞെടുത്തു ഓ നേരിയാവൻ ഹക്കുളിപ്പെടില്ല അച്ഛനെ നിങ്ങൾ സൈനോർത്തി പിടിച്ച് നടക്കുന്ന ചങ്ങായിയാകുന്ന കാലത്ത് പറഞ്ഞൂടെ പിന്നീട് യോഗം വിളിച്ചിട്ട് ഇങ്ങനെ ആ സ്വീഡിയെല്ലാം വെച്ചിട്ട് പബ്ലിക്കെ കാണം വെച്ച പറഞ്ഞാലേ മുനാവതിയാവുള്ളൂ എന്താ യഹദോബി സാഹിബി മുത്തത്തം തൻ ഫലായുക്കലിനും മുന്നോട്ട് അനിമത്തം കൊണ്ടിരില്ല ഏഹ് ഞാൻ ചിലപ്പോൾ ഓ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അനിക്കും തിരിച്ചയ്ക്ക് പറഞ്ഞേരുന്നേ ഒന്ന് തിരിച്ചേരുന്നേ ഇങ്ങോട്ട് ആവശ്യപ്പെടും എന്നാലും ഫലായുജി പരിചാപറ്റീല്ലാം അപ്പൊ വലിയ യോഗത്തെ അന്നേരം ഉണ്ടാവും അവന് തൊണ്ടടഞ്ഞു ില്ലാത്ത ഉറങ്ങൊന്നുണ്ടാവില്ല അഭിന്തമറ മധ്യമൻ എന്തായാലോ ഇവനിക്കൊരു മക്കദമ വിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു ഒരുമിച്ചു കുടുംബം അവൻ മറ്റോ അമ്പറിയാനുള്ള നിഹത്തിയാലാകുന്ന അമ്പും ഉണ്ടല്ല ആ കുറ്റിയിൽ ഒരു സാധനം ബാക്കി ഉണ്ടാവില്ല മുഴുവൻ അമ്പ് വർമ്മിച്ചുണ്ടാവും ഇവന്റെ അവനാടിയിൽ ഒരച്ഛമ്പും കുറ്റിയും ബാക്കി ഉണ്ടാവില്ല എന്തിനാ ഹത്തായ കുഴൽ മുത്തക്കാസിൽ കലാം അതിന്റെ ആവശ്യം എന്താന്ന് കലാമ് കൊണ്ട് സ്പെഷ്യലി സോനാ കമ്പടിച്ചാണെന്ന് ലൊക്കെ നടക്കുമ്പോൾ പോലെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ മായിരുന്നല്ലോ മോനേരിയാകരെ വെച്ചെങ്കിൽ കലാമിന്റെ സ്പെഷ്യലി സോനാകമ്പടി മാത്രമാണ് അസാദിസു ആറാമത്തത് അഞ്ഞ കോണീ തലബിൽ ഹക്കി ഹക്കിനെ തേടുന്ന വിഷയത്തിൽ ഇവൻ ആ കണക്കൻ വീണ പോയ സാധനം പെരുതി എടുക്കുന്നാളോ മാതിരി ആരമെന്നാ കിട്ടീ എവിടുന്നാ കിട്ടീന് എങ്ങനെയാ കിട്ടിയെന്നൊന്നും നോക്കൂല വീണ സാധനം എന്റെ മൊബൈൽ കണ്ടാ വീണ് പോയിന് എവിടുന്നാ കിട്ടുന്നു എവിടേ എടുക്കില്ല മറ്റോ എടുക്കൽ നിന്നാണെങ്കിൽ എനിക്ക് വേണ്ടെന്നും പറഞ്ഞില്ല ഇതേമാതിരി ഹക്ക് ആരുടെ പക്കൽന്നാണോ പറഞ്ഞത് ആരുടെ പക്കൾ സ്വീകരിച്ചുടാം ഇങ്ങനെ പറഞ്ഞു ഹക്ക് ഉണ്ടാവും അങ്ങനെ ഈ കൈമോഷം സാധനം അവന്റെ കൈയ്യാൽ വെളിപ്പെട്ടാൻ കിടക്കണ അവ അലായധി മൈഹാവിനുഹുമോ ഇവന്റെ സഹായിയാകുന്ന മറ്റാളെ കൈമന്ന് ഇതായില്ലാ എന്ന് കൊണ്ട് എടുത്തു കൊടുത്താൽ നീ മാതില്ലേ കഹുനൻ അപ്പൊ എന്താകുന്നത് വീണ് പോയ സാധനം പറഞ്ഞി എടുക്കാൻ വേണ്ടി മറ്റോനാ എന്താകുന്നത് ആയിട്ടാ കാണുന്നത് എനിക്ക് പരിചരുന്ന ആളായിട്ടാ കാണുന്നത് എന്താണ് ലാ ഹീമാൻ നിന്റെ പ്രതി വച്ച ശത്രുവായിട്ടല്ല ഒരു സാധനം വീട് പോയാൽ പരത്തിയെടുക്കുമ്പോ ഒന്നിച്ച് പെർദിക്കാൻ നിങ്ങൾ മൈനായിട്ടല്ലേ കാണുന്നത് പ്രതിപക്ഷം ശത്രുവെച്ചല്ല ഇവിടെ ശത്രു ശത്രുവായിക്കൊണ്ടല്ലേ കണ്ടിട്ടല്ലേ വേണ്ടിയിരിക്കുന്നു വയസ് കുറഹോൽ ആണ് എന്ന് മറ്റോ പരിചയപ്പെടുത്തി കൊടുത്താൽ ഓനിക്ക് ശുക്ര ചെയ്യേണ്ടത് മതഹരകലഹൂൽ ഹക്ക് ഹക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ഹസിനെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ ഓനോട് ചുക്ര ഏതേപോലെ കമാലബ സരീത്തം ഫി പണവി മാല്ല ഇവന്റെ കൈമോറ്റം വന്ന സാധനത്തിന് ആ പരിധി നടക്കുന്നതിൽ ഇവൻ ഒരു മാർഗ്ഗത്തിൽ കിഞ്ഞു നോക്കാം പല അബ്ബഹു സാഹിബുഹു ഉടനെ ഒരു സാഹിബ് എന്താക്കി അല ഫീ ശരീരം നാക്കണം മറ്റേ വെച്ചാണ് അങ്ങോട്ട് അതിന്റെ സാധനം ഉണ്ടെന്ന് വന്നാൽ ഈ മാർഗം അപേക്ഷിച്ചപ്പുറത്തേക്ക് പോകില്ലേ ആ അതേമാതിരി പോയിക്കൊള്ളുന്നു യസ് കുറുഹു വല യതുഹു വൈത്തിരിമുഹു അവിടെ എന്തട എന്റെ വെടിമാറ്റാനാണ് ചിന്തിക്കുന്നത് ഉം നീ വഴി വഴി മാറ്റി ചിന്തിപ്പിക്കാം എന്നൊന്നും പറയുന്നില്ല അപ്പാ അവിടെ ഓനവിടെ നന്ദി കാട്ടുകയും ഓനെ ദമ്പുചെയ്യാതിരിക്കുകയും ചെയ്യും മാത്രമല്ല ഓനക്ക് ഒരു ആദരവ് എവിടെയും താങ്ക്സ് അതല്ലാതെ പറയുന്ന ഓയപ്രഹ്മീ അവന് സന്തോഷമുണ്ടാവുന്ന സ്വഹാഗത കാണത്ത് മുഷാഫറത്ത് സഹാപത്തിൽ അറിയന്ത മുഷാഫറ അപ്രകാരമായിരുന്നു അതാ തെളിവുകണട്ടം ശ്രദ്ധ അടാ ഉമർ അറവിയന്ത ഒരു പെണ്ണുങ്ങൾ ഉമറവിയെന്നാകുന്ന നേരെ എതിർത്തി അമ്മയൊക്കെ വഴി വേറ്റിരിക്കുമ്പോൾ വനഅബത്തുഹരൽ ഹി ഹി ഇങ്ങനെയാണെന്ന് ആര് ഉണർത്തി ഈ പെണ്ണുങ്ങൾ ബഹുവത്തി കൊട്ടുമത്തിമറിയന്താ കൊതുമൈലാളുടെ കലാമര ഇങ്ങനെ വലിയ ജലക്കൂട്ടത്തിൽ അപ്പം പറഞ്ഞ അക്കാപത്തിനും ഒരു റജുനെ പറ്റിയപ്പോൾ ഒരു പെണ്ണുകൾക്ക് സവാബ് കിട്ടിയേ റജുലാര ഓറഞ്ഞു ആ അവിടെ മാന എല്ലാ സാമി വസാല റദ്ദിയത് എന്താ നിനോടൊരാള് ചോദിച്ചു പാചാ ബഹു അങ്ങനെ അരി മറുപടി കൊടുത്ത് സകാല അപ്പോൾ അയാള് പറയുന്ന ലൈറ്റ കഥാളിക്കാ അമീർ ആയവരെ ഇങ്ങനെയല്ല വേണ്ടത് വലാ കഥ കഥ ഇപ്രകാരമാണ് വേണ്ടത് എന്ന് ആ മനുഷ്യനാ തിരുത്തുന്നു സകാല അസുഖം നീ പറഞ്ഞതാ ശരി അനുസരിച്ചു പോയി ഓനെ എല്ലാരുക്കാട് ഇരുമുണ്ടാകണ്ടല്ലോന്നു വർത്ത തിരിച്ച് ഇബിന് മസ്തൂദ് സർക്കാർ അബൂ മുസല്ലി പറഞ്ഞിൻ്റെ ഇബിനി മസ്തൂദ് ആകുന്ന മഹാപണ്ഡിതൻ ഉണ്ടാകുമ്പനി അന്നോടാ ചോദിക്കേണ്ട ഓറാ എന്ന് ചോദിക്കാൻ പറ്റിയ അറുവിനാവുന്നു വളരെ അല്പം ലമ്മാ സുലൈഹി അബൂ മുസൽ അസ്ഹരി റസൂല്ലല്ലാഹി ചോദിച്ച ബദരിൻ കാതല ഫി സബീൽillah ഫഖുതിദ അല്ലാ നബീ തബീ ഇന്നെ ചെയ്തിട്ട് കൊല്ലപ്പെട്ടു ഫഖാല ഹുവ ഫിൽ ജന്ന നാല് മരവടി പറഞ്ഞു അബൂ മുസൽ അസ്ഹരി തങ്ങള് പറഞ്ഞു അപ്പോൾ പറഞ്ഞ വക്കാന അമീർൽ കൂഫ കൂഫൻ അമീറും കൂടിയാണ് പോപറു വെദവള വീലൻ ണീറ്റ് നിങ്ങൾ ആ ചോദ്യം നിങ്ങളെ മടക്കി ചോദിക്കൂ എന്നാണ് മറ്റൊരു ചിലപ്പോഴും നമ്മൾ അമീര് ചോദ്യം മനസ്സിലായിട്ടുണ്ടാവില്ല അതെ ഇങ്ങനെ ഉത്തരം പറഞ്ഞത് സുഖത്തിൽ ചെന്നാന്ന് വന്നില്ലേ അങ്ങനെ ചോദ്യം അടക്കി ഫാദൽ ജവാബ് അതേ ജവാബ് മൂപ്പർ മറുപടിയും പറഞ്ഞു ഫക്കാദ്ബിന് മസൂദ് റബ്യംബാവു എന്ന് പറഞ്ഞു വാനാക്കൂടെ ഞാൻ പറയട്ടെ ഈ കൊല്ലപ്പെട്ടിട്ട് ഹക്കിനെ എത്തിച്ചിട്ടാണെങ്കിൽ സുഹൃത്ത് എന്ന് പറയണോ കൊല്ലപ്പെട്ടു എന്തെല്ലാം മാത്രം കാണുന്നുണ്ട് എന്നൊള്ളില്ല ഇങ്ങനെ മറിക്കുവാക്കാലാ കാൽ ഹു മാ പറഞ്ഞതാണ് ജനീയായ ഹക്ക് അപ്പൊ ഞാനൊരു ഉപാധി കൂട്ടാൻ പറഞ്ഞു ഇനിയും ദവഹാക രാജകരോ ഇൻസഫ താലിബിൽ ഹഖ് ഹഖിൻ താലിബന്ദ നീദില്ല എന്നാ ഞാൻ പറഞ്ഞേ ഞാൻ ഇതിക്കാനല്ല എന്നെ പോയി വലാ ഉദകിറ മിസലഹൽ ആ മിസലഹാ ദ ഇതുപോലത്തെ സമ്മതികൾ അൽ ആന ഇപ്പൊ ഇവരോട് പറഞ്ഞു ഒക്കട്ടെ എന്നാൽ ആരോടാ പറയുന്നത് അഖലി ഫഖീഹിൻ ഒരു ശരിയ അരിയ ഫഖീഹണ്ട ഒരു ഫോട്ടോ വന്നിട്ട് വിന്നിട്ട് ഇണ്ടാ ഉള്ളോ മൂപ്പനോട് പറഞ്ഞോക്കട്ടെ ലാങ്കറവും വസ്ത്രഹദവും അതെല്ലാം ഇങ്ങാറാക്കിയിട്ട് അങ്ങനത്തെ സംഭവം ഉണ്ടാവൂല അങ്ങനത്തെ സംഭവങ്ങളൊന്നും നടക്കൂല അച്ചപാബൽ ഹക്കോമലീൻ മറ്റോറ് ഇന്നസാബൽ ഹസാബൽ ഹക്കാണ്ടല്ലോ അസാപൽഹക്കാ എന്നല്ല കയ്യിൽ നിന്നും അവിടെ കൊടുക്കണ്ട അത് ആരിക്കാൻ അറിയാത്ത എന്നാന്ന് പറഞ്ഞെങ്കിൽ അപ്പം മുഖത്തുള്ള ശരി അസാപൽഹക്കാന്ന് പറഞ്ഞില്ല നമുക്കൊന്നും പറയേണ്ട ആവശ്യമില്ല അതെല്ലാം വേണ്ടാണ്ട് ചെയ്ത പണിയാന്നാ അറിയാം നീ നോക്കുമോനെ ഇല മുനാദി സമാനിക്കൽ നിന്റെ ഇക്കാലത്ത് മുനാർന്ന നഷ്ടം നടന്നു നോക്കി കൈസീൽഹിൻ ഹക്കോലാണ് ഇസാനി ഹസ്മിഹി എതിര് കക്ഷി പറഞ്ഞതാണ് ഹക്ക അങ്ങനെ വന്നുപോയെങ്കിൽ ഇവൻ മുഖ ഇവന്റെ മുഖ അത് കറുക്കില്ലേ വക്കൈഫ യും ഇവൻ ആകെ നാണം കെട്ടോനായില്ലേ വക്കൈഫ യജീ മുജാഹദത്തിനും കുതിരത്തി ഇനി കഴിവിന്റെ പരമാവധി ഉപയോഗിച്ചുണ്ടാക്കണം അവന ഒന്നുണ്ടാക്കണം നിഷേധിച്ചിരിക്കണം ആ പറഞ്ഞ ഹക്ക് പൊത്തുവരാത്ത രീതിയിൽനാക്കി എന്താ വർദ്ധിച്ചിട്ടിപ്പോൾ കൂക്കല്ലോ തുടങ്ങിയിട്ട് മറ്റവൻ ഒരു വീട്ടിൽ ഇരിക്കണം അതിനുള്ള മാർഗങ്ങൾ എന്താ നോക്കുന്നത് ജീവിതകാലം മുഴുവനും ഇവനെന്താക്കി ഇസഹാമാക്കി ഒരുത്തനെങ്ങനെ നാശപിക്കുന്നു എന്നിട്ട് തൊണ്ലായെ പിന്നീവ നാണയല്ലോട് ദശദി ആയിക്കൊണ്ട നമ്മളെ മണി നടക്കുന്നതിന് ദശദിയാക്കുന്നതിന് നാണയില്ലാത്ത പറയുന്നു ഹക്കിന്റെ വിഷയത്തിൽ പരസ്പരം നെതർ ചെയ്യാൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ട് സഹായിച്ചു ആഴവക്കെന്നാണോ ഹക്ക് വന്നത് അതങ്ങ് സമ്മതിക്കാൻ എന്നല്ലാതെ കണ്ട് എതിർ കക്ഷി ഹക്ക് പറഞ്ഞു പോയതുകൊണ്ട് അതിനെങ്ങനെയാലും എതിർത്തേ വെച്ചു െന്താർത്ഥം ഇനി ഏഴാമത്തെ ചെറുത്ത് പറഞ്ഞ അത്താബിനോ അല്ലായനോ പിന്നെ അപ്പുറം അച്ഛനെതിരെ അച്ഛൻ എന്താ വിളിച്ചത് മുണീല ആ മൊണീന്ന തടയാൻ പാടില്ല ഒരു തെരയിലും മറ്റൊരു ദലയിലേക്ക് പോകാൻ അവിടെ ഉണ്ടാക്കുക ഒരു ദലീൽ പറഞ്ഞപ്പോഴെ പൂർത്തിയായില്ല വേറൊരു ദലീൽ പറയണം അങ്ങനെ അത് അത് പറയുമ്പോഴുള്ളതും മകൻ തോന ഉണ്ടാക്കണം ഇന്ന മോളത്തിൽ ചിട്ടിങ്ങനെ കുടിക്കിട്ട് അങ്ങനെ നേർപ്പെടുത്തിക്കണം മനിക്ക് മറ്റൊരു ദരീലും കൂടിയുണ്ട് ഇനിയുണ്ട് ഇനിയുണ്ടെന്ന് പറയാം മറ്റേ പുറമെ ഞാൻ കൊടുമില്ല എന്നാ തന്നെ പറയാനുള്ളടത്തോളം പറയാൻ പാടില്ല വേണ്ടി ഓമൻ നിഷ്കാലിനാ ഇഷ്കാൽ ഒരു ഇഷ്കാരതിന് മറ്റൊരു സ്കാരിലേക്ക് കടക്കാൻ വിടുമില്ല അങ്ങനെ തടയാൻ പാടില്ല മഹാകഥാക്കാനത്ത് മുന്നാത ആ തുസ്തരാ അങ്ങനെയാണ് സ്ഥലപ്രിക്ക് ഇഷ്ടാക്കട്ടെ അത് പറയേണ്ട ദരീരം പറയട്ടെ ഇതിന്റെ ഇക്കെന്താ പറയാനുണ്ട് നോക്കാം വളന്ത പറയുമ്പൊക്കെ അതിന്റെ മുകളിൽ പിടിച്ചു തൂങ്ങി അങ്ങനെ മൂത്രം പിടിച്ചു വരുന്നതാണ് എന്റെ തത്വം പറയുന്നത് ഈ പയ തൊണ്ണന്മാറ വാശേരി ഈറാമ്പിലെ ബാക്കി ഉണ്ടാകുന്ന ഒരു ചത്തിന്റെയും അതിന്റെ കുറവല്ലാതെ എടുത്തു വെക്കുക എന്നിട്ടോ അവന്റെ കലാമിൽ നിന്ന് ഉണ്ടാക്കുന്നറിയോ മുഴുവൻ ദക്കായ്ക്കൂ ജഗൻ തർക്കിക്കാനുള്ള ദക്കായ്ക്കുണ്ടല്ലോ അത് മുഴുവൻ അവൻ്റെ മൂത്തതഹാമു മാതഹമാലക്കം മുഴുവനും അർത്ഥം ഇരിക്കുന്നു അതൊന്നും എനിക്ക് വരാൻ നിർമ്മത്തില്ല അതൊന്നും ഇവിടെ കേൾക്കേണ്ട ആവശ്യമില്ല മഹാദാ ഇനാക്കുന്ന കലാമക്കൻ നവൻ നീ ആദ്യം പറഞ്ഞ കലാമൊരു വ്യത്യാസം ചെയ്തു മറ്റോട് പറയുന്ന സ്വീകാര്യല്ല അപ്പൊ ഇവന്റെ വിശ്വാസത്തിന് ഈ ബാത്തിന് മറ്റോണ്ടേ കൈമ്പര്യം അവനുണ്ടാക്കി മടങ്ങി വന്നതെന്ന് വെച്ചാ ബാത്തിൽ അൽഹക്കിലേക്ക് മടങ്ങി വന്നതിന്റെ അർത്ഥം അങ്ങനെയാണ് കബൂൽ ആക്കി ഉജൂബല്ലേ ഇങ്ങനെ രാജ്യൂ ഫലാഖുബലും മിങ്ക മാതുപക്ഷം ബാത്തിന്റെ മുകളിലാണെങ്കിൽ ഓ മാറ്റി പറഞ്ഞെങ്കിൽ ഹക്കിലേക്ക് തിരിച്ചു വന്നി അർത്ഥം ഉണ്ടല്ലേ അതോ കബൂൽ ചെയ്യല്ലേ ഹക്കിലേക്ക് തിരിച്ചു വന്ന ബാത്തിനല്ലേ കബൂലും ും മൃതേഹത്തിലും എന്താക്കും സമയങ്ങളെ കഴിച്ചു കൂട്ടി ദലിയില് പിടിക്കുന്നവനെന്താക്കും അറിയോക്ക് എന്തിന്റെ മേലി ഒരസിന്റെ മേലി മക്കീസിന്റെ അടേഹി വേണ്ടി ഒരസിലി അസലിനോടല്ല മക്കീസിന്റെ അടേഹിന്ന് പറയുന്നു ഇമ്മത്താലിയും ആ മസാലിയും കെയാസാക്കണമെങ്കിൽ മഖീസിനും ജാതിയെ വേണ്ട ഇന്ന കാലത്താലാണ് അതാണ് ഇല്ലത്ത് ഉപയോഗിച്ചുകൊണ്ട് തിയാസം എങ്ങത്തെ ഇല്ലത്ത് ഇല്ലത്താണോ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനോട് ചോദിച്ചു മദലിയിലുല്ലും ഇല്ല അപ്പൊ ചോദിക്കുന്ന ക്യാസ് ഉണ്ടാക്കി അല്ലെ ഈ ക്യാസാക്കുമ്പോ ഈ മസ്തലക്ക് ഇതാണ് അസിൽ നോക്കുന്നത് അല്ലെ ഈ അസിൽ അതൊക്കെ ഇല്ലത്തുണ്ട് എന്താ പറയുക അനമുള്ള അസുല ഇല്ലത്തുണ്ട് പറയും മാ നഹരണി അതെനിക്കങ്ങനെയാണ് മനസ്സിലായത് മറ്റും പറയും സ്വയം നഹരക്കെ മാറുവാവു നഹു മിഞ്ഞു അതുകൊണ്ട് നിങ്ങൾക്കതിനാൽ കാണ ഔണവും ഔലയുമായ മറ്റൊന്ന് പറയാനുണ്ടെങ്കിൽ മുതൽക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് പറ എന്ന് മറ്റവൻ പറഞ്ഞാൽ പൈസ മാറ്റരുതോ ഈ മാറ്റരുത് എന്താണെന്ന് ഉറച്ചു നിൽക്കൂ ഇവൻ പറയൂല അതിന് ഇല്ലത്തിന് എന്താ തെളിവ് എന്താ തെളിവ് കുറൂല തെളിവ് പറ തെളി പറ അല്ല ഇല്ലത്തിന് ആ തെളിവറാം ഓട്ടെ എനിക്കങ്ങനെ മനസ്സിലായത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പറ ഇങ്ങോട്ട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല പറയാനായിട്ടില്ല ويقول فيه فيه معاني فيما ما ذكرته ني പറഞ്ഞില്ലാത്ത வேற মাহাল ఉండല്ല মাহাল ইলత్తుల வேற ఉండల్లో وکదరస్తా దికర్యా వల అదుకుర బట్ నేను అది మరియూలానండి ఏంటా బయనతబులర్కా లార్ గమనీ దికుర హా ఏంటో പറയാం ఏనికి విర్మంతే illa ఏంటో పర్సలొలమ్ illa അപ്പൊ മയക്കൂരൽ മുസ്തില്ലോ മറ്റോടെന്താകുന്നു അപ്പുറം ഓരോ സംഭവങ്ങൾ അവർക്ക് ഉതിരിക്കാനും മറ്റേ മുസ്തദില്ല എന്ന് പറയും അലൈക്ക് ഈറാതും ഈ മറാഹാത ഞാൻ കണ്ടതിന്റെ അപ്പുറം ഇത്തരത്തിലും ബാധ ഉണ്ടെങ്കിൽ അത് നീ പറയരുല്ലോ വയു മേറ്റരുത് ഈ എത്ര അത് പറയുന്ന ഉറച്ചു വെക്കും മരാനില്ലായ സമൂഹവും എനിക്ക് നിർബന്ധം ഇല്ലാത്തതെന്ന് ഞാൻ പറയില്ല എനിക്ക് പറഞ്ഞോളൊന്നുമില്ല ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദ്യത്തിന് ചോദ്യം ഇട്ടിട്ട് എന്താക്കും മജാ വിസകൾ അങ്ങനെ സമയം കിട്ടുക ഇനി മതി എന്തിനാ നിർബന്ധം ഇല്ലാത്തത് നിർബന്ധമില്ല എന്നാണോ പറയുന്നത് എല്ലാം മറ്റു നിർബന്ധമില്ലാതെ എന്തായാലും നിർബന്ധം ഇല്ല എന്ന് പറഞ്ഞ അത് നാട്ടറി അതിനോട് പിടിക്കുന്നതാണ് വലായരിപ്പ് കാതൽ മിസ്കീനായ മൂലാർക്കെ മനസ്സിലാക്കുന്നില്ല അന്ന കൗലഹ് ഇന്നീ ആരിപ്പു വല അതുക്കുറുഹു ഇത് ലാതമുനിയ നീ പറഞ്ഞെ നിങ്ങൾ കാണാത്തണ്ടല്ലോ എനിക്കറിയാ പക്ഷെ ഞാൻ പറഞ്ഞൂല് അതിറ്റാ പറയാത്ത ലായലിതമുനിയെന്ന് അല്ലേ ഇവിടെ രണ്ട് കാര്യമുണ്ട് ഒന്ന് അറിയാ പറഞ്ഞൂലും അറിയുന്ന കാര്യം എന്തുകൊണ്ടാ പറയാത്ത പറ എന്തിനാ മൂടി വെക്കുന്നു ഇവിടെന്തോലിണ്ടല്ല നോക്കപ്പ ഇന്നീ ആരിപ്പവും വല അതുക്കുറുവാന്നൊന്ന് ഇത് ലാൽത്തമുനി രണ്ടിന്റെ ഉള്ളൂറ് പിടിക്കും ഈ കൗരി കത് ബുന ചെറു ചെറൈൻ്റെ മോള് കളുവെച്ചു വെട്ടതാണ് എന്തുകൊണ്ട് ഇൻകാനിപ്പഴനാഹു ഇവനിക്ക് യഥാർത്ഥത്തിൽ ഒന്നിക്കും അറിയും എന്നെങ്കിൽ അറിയില്ലാതെ സത്യാവസ്ഥ തീരുമാനിക്കാൻ നമുക്ക് അറിയും അറിയുന്ന സമ്മതിച്ചു പക്ഷെ പറയില്ലെങ്കിൽ അറിയുന്ന കാര്യം പറയാനാവശ്യമായ വേദിയിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നതിന് കാരണം പറഞ്ഞു അല്ലെങ്കിലോ ഇവനിക്ക് അറിയും എന്ന് വാദിച്ചിട്ട് അത് പറയാൻ കഴിയാത്തതുകൊണ്ടാണ് മൂടുന്നത് അറിയും അറിയുന്നു മാത്രം ബാധ എന്നാ നീ അതൊന്നും പറഞ്ഞതിന്റെ കളവാണ് ഒന്നയ്ക്ക് അതെന്നെ തുടങ്ങിയാ തന്നെ കളവ് അല്ലെങ്കിലോ ഹക്ക് മൂടി വെച്ചു രണ്ടാൽ ഒന്നും ചിലവില്ലല്ല ഇതിനെന്താഹു മാന അറിയാത്തോനാന്ന് വെക്ക വൈന്നമായ നീ അറിയാമെന്ന് ബാധിക്കുകയാണ് അത് അനിയോഗിച്ച ഹസ്മഹു ഹാസ്മിനെ മുട്ടൂത്തി അറിയാ ഞാൻ പറയൂല അറിയും പറയൂല അറിയും പറയൂലെന്ന് അറിഞ്ഞിട്ടെന്നാ പറയാണ്ടിരിക്കുന്നത് അല്ല അറിഞ്ഞോ അറിഞ്ഞിട്ട് പറയാണ്ടതാണെങ്കിൽ സത്യം മൂടി വെച്ചാളായി എന്നാണ് ഫാസിറ്റം അല്ല അറിയാണ്ടറിയോന്ന് ബാധിച്ചതാണോ എന്നാണ് കളവാ ഫാസി അത് എതിര് കാട്ടിയ ഫാസിക്കും അള്ളാന്റെ കോപത്തിന്റെ പാത്രി മുതലാണ് എന്തുകൊണ്ട് ഇവ ബാധിച്ചല്ലോ മാരിപ്പത്തൻ ഹാലിൻ ഇവൻ ഹാനിയായ ഒരു മാരിപ്പത്ത് അറിഞ്ഞൂടാ നല്ല അറിയാന്നാ വാദിക്കുന്നു വൈകാന സാധിക്കൻ ഇവൻ അറിയും ഏതാണ്ട് ശരി അതാണ് ശരി പക്ഷെ പറയൂല എന്നാ പറയാണ്ട് വാദിക്കയില്ലേ പണ്ടി മമ്മിനോട് പറഞ്ഞ മാതില്ലേ കാതിയാകാൻ ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു പച്ചൂലെന്ന് വന്നത് ഞാൻ നേരാണെന്നെങ്കിൽ പറ്റാത്ത ആളല്ലേ എന്നാ പറ്റൂല എന്ന് പറഞ്ഞാൽ കട പറഞ്ഞ കൊണ്ട് കട പറഞ്ഞ കൊണ്ട് കാതിയാക്കാൻ പറ്റൂല സാധിക്കൻ എനി അറിയുന്നു സാധിക്കണ്ടേ എന്ന ഫിഹ് ഈ അറിയുന്ന കാര്യം പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് എന്താ ഈ മറച്ചു വെച്ച് ദിനായി ചെറിയ കാര്യമാണ് മറച്ചു വെച്ചത് എത്തരത്തിൽ വഖദ് സഹു അഫോഹും മുസ്ലിമും മുസ്ലിം ആയൊരാളാണെന്ന് ഇത് ചോദിക്കുന്നു എന്നിട്ട് ഈ അഫ്മാഹു അത് വന്ന് എനിക്ക് തിരിയാണെന്നു വെച്ചുകൊണ്ടിട്ട് വയൽ തുറപ്പി ഞാനതിലൊന്നാലോചിക്കട്ടെ നിങ്ങൾ പറ മറ്റോന് ഇവൻ പറഞ്ഞതാണ് കവിയെങ്കിലുണ്ടാക്കാം അവനിക്ക് ഇങ്ങോട്ട് മടങ്ങി വരാനാണീഫൻ അഥവാ ഇവൻ പറഞ്ഞത് എന്ന അനുഹരണവും ദുഴപ്പഹവും ദുഴപ്പിനൊക്കെ കൈസിലാക്കാം ദുഴപ്പ് വെളിപ്പെടുത്തിയിട്ട് വാക്കറുത്തിൽ ചെയ്തിട്ടൂറൽ ലിമിലേക്ക് അവനെ പിരിച്ചു കൊണ്ടുവരാനാ അറിയാത്തവനെ പഠിപ്പിക്കാനാ എന്തുകൊണ്ട് മൂടി وَلَا خِلَافَ أَنَّيْ مَهَارَ مَا غِلْمَ مِنَ الْعُلْمِ الْحُلُومِ الدِّينِ بعد السؤال أنه واضح لازم حرية ترك ملاحة بشيماً دين اندى حرية تتعون شوالي قبطة نشاتم هذا عرية تتعونه واضح بها ما دين اندى حرية تتعونه هذا عرية ناوشم ويالي حرية تتعونه فهو اقول لازم അപ്പൊ പമാന കൗനി ലായിൽ സമോനി എന്ന് പറയുന്ന അർക്കം തൈ ഇല്ല ചെറയിൽ വാജിബാകാര് വാജിബില്ലാന്ന് വിചാരിക്കുന്നത് അപ്പൊ ലാലിൽ സമോനിന്റെ അതിനെന്താന്നറിയോ ജതലില്ല കലാബ് കൊണ്ട് നിന്നെ തള്ളിയിടണം ഇവിടെ പല കൗശലങ്ങളും പല ചാവാത്തുകളും നിലയ്ക്ക് നമ്മൾ ഈ ചെറവിൽ ജതിലുണ്ടല്ലോ ഈ രംഗത്താണ് പറഞ്ഞുകൂടാന്ന് പറയുന്നത് നന്നാണ് അതിന് പറയാനുള്ളത് നിന്ദിം പത്താലീപം പറഞ്ഞുകൂടാൻ വരും കാരണം അന്നേരം നീ നോക്കൂ നീ നോക്കുമ്പോ തങ്ങളുടെ കട്ടിയാവും അവിടെ അങ്ങനാലിച്ച് വരും ഇല്ല അങ്ങനെ വെക്കാത്ത പക്ഷം പാവലാസിമി ചെറായി ചെറൈ ലാസിമെന്തിനാകുന്നു ി അതുകൊണ്ട് ഈ പറയലിനെ തടഞ്ഞുവെച്ച കാരണത്താലി ഒന്നിക്കൽ ഹിമ്മാതിമൊന്നി കാതിബ തന്നെ അറിയാത്ത അറിയുന്നു പറയുന്നറിയാം അല്ലെങ്കിൽ അവ മൂടിവെച്ച കാരണത്താൽ എന്തായി പാട്ടുക്കായിട്ടുണ്ട് സഹാബത്തിന്റെ മുഷാഫറൽ ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടോ എന്ന് ഇനി ആലോചിച്ചു മുത്ത് ഇത്തര പുസ്വാധിനികൾ മുപ്പാ വതാത്ത് ഓരോട് ചോദിക്കും ഇവരോട് ചോദിക്കും ഇങ്ങോട്ട് ജയിപ്പിക്കുന്നില്ല അമ്മ ഓർമ്മ മറ്റോട് വരച്ച് എന്ന് പറഞ്ഞു മുപ്പാമത്തിൽ ഈ ഇനത്തിൽപ്പെട്ട എന്തെങ്കിലും തുല്യമാകുന്ന ഒന്ന് അസാൻമാര കാലത്തുണ്ടായിരുന്നു ഇന്ദലീലൻ ഇരാദലീലിൻ ഈ ചോദ്യകർത്താവായ ആൾ ഒരു ദലീലിൽ നിന്ന് മറ്റൊരു ദലീലിലേക്ക് ീങ്ങേറ്റി അവതരിപ്പിക്കലിനൊട്ട് തടഞ്ഞാണ് ആരെങ്കിലും ഉണ്ടായില്ല ഈ ദലിയില് മറ്റൊരു ദലിയില് മറ്റൊരു ദലിയിലും ഉണ്ടോ ഒരു ദലി മറ്റൊന്നും എപ്പുറം പറയാൻ വിടൂല വമിൻ കിയാസിൻ ഇര അസിൻ അതുപോലെ ഒരു ഫിയാസലിന് അസറിലേക്കോ വമിൻ ഹബരൻ ഇര ആയല്ലാതെ ദലിയിൽ ശക്തി കൂട്ടേന്ന് ഫിയാസലിന്ന് അസറിലേക്ക് കടന്നു അല്ലെങ്കിൽ ഹബറിൽ നിന്ന് ആയത്തിലേക്ക് കടന്നു അങ്ങനെ കടക്കാൻ കടക്കാൻ വിടൂല പറഞ്ഞവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ بالجमीर مناظراتهم من هذا الجنس إذ كانوا يذكرونه كلما يخطر لهم كما يخطرو وكانوا ينظرون فيه ಅವರ مناظرات මුළුමని ಈ ಜನ್ಸಲ ಏನಾಯಿದು ಅವರು ಉದ್ದೇಶಿಕನ ಕಾಲಂಗದಿಂದ ಮುಳುವನ್ನು ಬರೆ ಎಂತ ಅದ ನೆದ್ರ ನಡೆತೀತೆ ಏದಲ್ಲಾ ಮುಬದಿ ಏದಲ್ಲಾ ಹಕ್ಕನ ಅದ ವರ್ಗಿ ಇಕಲ ಅತ್ತಾಮಿನ್ನು ಎತ್ತಾಮತೆ ಶರ್ತ ಅಂದಾನ ಐನು ನಾದರ ಮಯ ತಬಕಂ ಇಸ್ತಿಫಾದತ минಹು ഇവന്റെ വക്കൽ നിന്ന് എന്തെങ്കിലും ഒരു പാൽക കരസ്ഥമാക്കും എന്നവനോട് മാത്രമേ മുനാദ ചെയ്യേണ്ടതുള്ളൂ വെറും ഒറ്റപ്പാടാക്കി സമയം കളയാൻ വേണ്ടിയിട്ട് വെറും വാക്കുമർത്താൻ ഉണ്ടാക്കാൻ വേണ്ടി മുനാദ നടത്തിയിട്ടുണ്ട കാര്യം ഇതും പറഞ്ഞിട്ട് കൊണ്ട് അതൊക്കെ ഒരു കാര്യം കിട്ടണം ആരാൾ നിമ്മൻ മുസ്റ്റകളും ഇൽമുകൊണ്ട് ചുവലാകുന്ന കൂട്ടത്തിനാ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും ഇത്തിപ്പാത അവരോട് പ്രതികരിക്കണം ിബും അന്നവും ഈ എതിർ കക്ഷി ഉണ്ടല്ലാതറത്തിൽ വലിയ വലിയ നേതാക്കന്മാരുടെ അക്കാബരോട് ഉണ്ടാക്കൂല മുന്നാത അത്താ പരി നല്ല സാധനങ്ങൾക്ക് കുസു കുസുണ്ടാക്കില്ല ബാഴ വീട്ടിന്റെ പറയാൻ അന്നോട് പറയാണോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഓഞ്ചി വരില്ല ഏതെങ്കിലും പാപങ്ങളുണ്ടാവും അടപ്പിച്ചാൽ പറയാം എന്നാലല്ല ഒരിക്കലും മറുപടി പറയാൻ കഴിയാണ്ട് ഇവൻ പറഞ്ഞ് ജീവിക്കുള്ളൂ വെള്ളിയാഴ്ച നിന്നും പോയിട്ട് മുണ്ടൂല അപ്പൊ ഇസ്തിഫാദന്റെ ഉദ്ദേശം തോന്നുന്നു അപ്പൊ ഫുഹൂൽ അക്കാദ എന്നോട് ഉണ്ടാക്കൂല ഓർ മുനാ നടത്തൂലിൽ നുഹൂലിന അലത്തെയും ഓർ അൽസനത്തിനാണ് ഉണ്ടാക്കൂ പാർക്ക് പണിപ്പെട്ട പൂന്ന് പോയിച്ചിട്ടുണ്ട് ഇപ്പൊന ഭീമൻ തൂനവും സമരം ബാസിനാലെയും അവർക്ക് താണ കൂട്ടത്ത് പോയിട്ട് മുനാ എന്നാലോ ഇവർ ബാത്തിൽ വർക്ക് ചിലവാക്കും മറ്റേ കക്ഷിക്കും അറിയൊന്നും പറയാനും കഴിയില്ല ഇനി രണ്ട് ചേർത്തുണ്ട് അപ്പൊ വറാ ഹാദിഹി ഇതിനപ്പുറം ഇനിയും പറയാനുണ്ട് സുറൂത്തും ദശിക്കത്തും കത്തികടത്തായ കുറെ സുറൂത്തുകൾ വേറെയും പറയാനുണ്ട് വരാദിഹി സുറൂത്തി സമാ എഴുതി ഇലാ മഞ്ജുനാദിലുള്ള അള്ളാഹയ്ക്ക് വേണ്ടിയാണോ മുനാദറ എല്ല വേറെന്തെങ്കിലും കാര്യകാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്തെങ്കിലും കാര്യം നടന്നുണ്ടാകുമല്ലോ ആറ് മുനാദറാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് തിരിക്കാവുന്ന കാര്യങ്ങൾ എട്ട് ചർച്ച തന്നെ അടങ്ങിയിട്ടുണ്ട് വാലം ബിൽ ജുംലത്തി അന്നമല്ലോട് മുനാദ നടത്താത്തൊരാൾ ആദ്യ മുനാദ ആരോടാ വേണ്ടി ചൈത്താനോടാ വേണ്ടി ചൈത്താനോട് മുനാദ നടത്തുന്നില്ല എത്തരത്തിൽ ഇവന്റെ കൽവിന്റെ മേൽ അവൻ മുത്തൗലി അയച്ചുണ്ട് ബഹുബായത അതും ഇവന്റെ ഏറ്റവും കടുപ്പപ്പെട്ട ശത്രുവാലായ ഹലാക്കി ലേക്കുവാൻ നിത്യരെ വിളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിട്ടും ഇല്ല തും മുനാഗത്തി എന്നിട്ടാണ് വേറൊരാളോട് മുനാളം നടത്താൻ പോകുന്നു എന്റെ മസായി അല്ലത്തിൽ മുതി അങ്ങനെ ഉണ്ടാവും മു അങ്ങനെ അൽമുജിസഹി മുത്തദിയാക്കണം അല്ല എങ്ങനത്തെ അൽ മുജിസഹിദു സിഹാ അതിൽ നിസിഹ് നടത്തുന്ന ആട മുസ്സഹീബു ഒന്നിക്കിന് സമാപിനെത്തിച്ചാളാകാം അത് മുസാഹിമുല്ലിൻ മുസ്ലിബി എന്തെങ്കിലോ മുസ്ലീബിനോട് കൂറുകാരനാവാം എന്തെങ്കിലും പുലിന്റെ വിഷയത്തിന് അങ്ങനെ നടത്തും അതിന്റെ അന്നമൻ ജവാബ് വരുണ്ട് അന്നമല്ലാവിനാകും അതാ സൈഫാന് ചിന്തിക്കുന്ന കാര്യമാണ് ശരിയായ മുനാല നടത്തട്ട് കത്തുറോട് കാത്തുക്കുന്ന എല്ലാം ഓരോന്നും ചിന്തിച്ചിട്ടില്ല വലിബിറത്തുള്ളിൽ മുഖവിസ്മയങ്ങൾക്ക് അത് ഇബിറത്തുമാണ് വലിതാലിക്കുക ഇതുകൊണ്ടാണ് ഷമ്മതാനു വിഹി സൈഫാൻ ഇവിടെ സന്തോഷം കൊണ്ടാടുന്നത് വിഹി കാണ ദിമാ ഈങ്ങനെ മുക്കി ഏതാഫാത്ത് ആഫാദ് എണ്ണാൻ പോകുന്നുണ്ട് അതെ ഭയാനും ആഫാത്തിൽ മുന്നാ തളാം ഇത്തരം ആഫാത്തിൽ ഇവനാ നമ്മ മുക്കിയിടാൻ നമുക്ക് സാധിച്ചല്ലോ എന്ന് ചേട്ടാണിപ്പോ സന്തോഷം കൊണ്ടാടുകയാണ് അല്ലത്തി അതിദുഹാനില്ല വേണ്ടി നമ്മളെഹാനി ആഫാസിന് നാം ഇത് എണ്ണാൻ പോകുന്നു എന്നത് തപാശീല താഴെ പറയും തഫ്സീലുകളൊക്കെ വിശദീകരിക്കാൻ പോകുന്നു ഇത്രയും ആഫാസുകളിൽ ഇവനെ ചാടിക്കാൻ സാധിച്ചരുതോ എന്ന് ചെയ്താണ് ഇവിടെ സന്തോഷിച്ചിരിക്കുക